ആ കപ്പലിന്റെ കാര്യം അത് കടലിൽ ജോലി ചെയ്യുന്ന ചില പാവപ്പെട്ടവർക്കുള്ളതായിരുന്നു അതിനാൽ അതിലൊരു പോരായ്മ വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചു കാരണം എല്ലാ കപ്പലുകളും ബലമായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് അവരുടെ പിന്നിലുണ്ടായിരുന്നു